ദൈവത്തിന് നന്ദിയോടെ സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ മധ്യത്തുലനായ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിനെ സ്വാതന്ത്ര്യം ചെയ്യുന്നു എനിക്ക് പലരും പുതിയ മുഖങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുവാൻ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് പ്രമോദ് ഞാൻ കോഴിക്കോട് വടകര നാദാപുരം ദേശത്താണ് എൻ്റെ വീട് എൻ്റെ വൈഫ് ഹൗസ് പാലാ രാമപുരം ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഹിന്ദു നായർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ കടന്നു വന്നു ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം ഒത്തിരി നല്ലവനൊന്നും രുചിച്ചറിയുവാനായിട്ടും ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും വൻകാര്യങ്ങൾ ചെയ്ത ദൈവത്തിനും ഈ സമയത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു കാരണം പ്രത്യേകിച്ച് ഒരു ഹിന്ദു വിശ്വാസത്തിൽ നിന്നെ ഒരു വിശ്വാസത്തിൽ നിന്ന് ഈ കർത്താവിംഗിലേക്ക് വരുന്നവരുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളിൽ അവരെ വളരെ മെയിനായിട്ട് പരിശോധനയിലൂടെ കടന്നു പോകേണ്ടതായിരിക്കുന്നു ഒന്ന് അവരുടെ കല്യാണം രണ്ട് അവർ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ മരണം ഈ രണ്ട് സാഹചര്യത്തിലെ കൂടി കടന്നു വലിയൊരു പരിശോധന അവിടെയൊക്കെ ഉണ്ട് ആത്മാവ് എന്നെ കാണിക്കുകയായിരുന്നു അതിലൊന്ന് ഞങ്ങളുടെ കുടുംബ ഞങ്ങളുടെ കല്യാണവും ഇതുപോലെ ഒരു സാഹചര്യത്തിൽ കൂടി വളരെ എതിർപ്പിൻ്റെയും വളരെ പ്രയാസം വളരെ എതിർപ്പിൻ്റെയും നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് തന്നു ഞാൻ ഓർക്കുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെ വെച്ച് ഈ ഹാളിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടക്കുവാനായിട്ടും ദൈവം സഹായിച്ചു ഞങ്ങളെ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ കുടുംബമായിട്ട് ദോഹ സി അവിടെ ആയിരിക്കുന്നു അവിടെ ഞങ്ങൾ വരും എനിക്ക് ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളും ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയ്ക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനായും ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരു വാക്യം വായിക്കാം ൊരു നിമിഷം പ്രാർത്ഥിക്കാം വചനത്തിനു വേണ്ടി ദൈവമേ ഞങ്ങളുടെ സ്വർഗ്യ പിതാവേ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ സ്തോത്രം ചെയ്യുന്ന കർത്താവേ കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മതത്തിലോടെ സ്തുതിക്കുന്നപ്പാ കർത്താവ് ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവൻ്റെ വചനം ഞങ്ങൾ ഹൃദയത്തിലാഴത്തിലേക്ക് ഇറങ്ങണമേ കർത്താവെ അത് ഞങ്ങൾക്ക് ജീവനും സമൃദ്ധിയായിട്ട് ജീവനിലേക്കും അത് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ ഞങ്ങളുടെ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ ഹൃദയങ്ങളെ തുറന്നു കെറുക്കുന്നു കർത്താവേ ദൈവം ഞങ്ങളുടെ ഇടമയെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകേറലി സമർപ്പിക്കുന്നു യേശുക്രിസ്തുൻ്റെ വലിയ നാമം തന്നെ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യം വായിക്കാം റോമാൻസ് ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വൻ്റി ത്രീ ചാപ്റ്റർ ത്രീ റോമാൻസ് മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാ എന്നെ ഇടപെട്ട ഒരു വാക്യമായിരുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീരുന്നു നമുക്കറിയാം ജെനിസിസ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അദ്ധ്യായ ഇരുപത്തിയേഴാം വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞവരായിത്തീർന്നു യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ ചേ തേജസ് നിറഞ്ഞവരായി ആദാംഹാവയും ആ ഏതൻ തോട്ടത്തിലായിരുന്നപ്പോൾ പാപം ചെയ്തു യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി അങ്ങനെ നമ്മളിന്ന് വായിച്ചത് പോലെ എല്ലാവരും പാപത്തിൻ്റെ അടിമത്തത്തിലായിത്തീരുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീരുന്നു നമുക്കറിയാം ഏതൻ തോട്ടത്തിൽ വെച്ച് അദമും ഹവയും ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു അവർക്ക് ദൈവത്തിൻ്റെ വചനം അവിടെ വായിക്കുന്നു ജനീസിസ് ചാപ്റ്റർ ത്രീയിൽ അവർക്ക് ആ ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് അവർക്കുണ്ടായിരുന്നു ആദമനുഭാവയും ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മ ഞാനെനിക്ക് ചിന്തിക്കുമായിരുന്നു ഇതായിരിക്കാം ദൈവത്തിൻ്റെ ആദ്യമ ആദ്യം ഉള്ള അയ്യദൻ തോട്ടത്തിലെ സഭ പക്ഷേ എങ്കിൽ അവർ പാപം ചെയ്തതിനു ശേഷം ആ സഭയുടെ ആ ദൈവത്തിൻ്റെ തേജസ് അവരിൽ നിന്ന് മാറ്റപ്പെട്ടു ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി അവിടെ നിന്ന് അവരിന്ന് മാറ്റിക്കളി മാറ്റി മാറിപ്പോകുന്ന ഒരവസ്ഥ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ഭട്ട് god wants to restore his image in us through jesus christ nashṭappeṭṭu pōya daivattinte tējassu yēsu kristu mugāndaram nammal adu vīṇṭeṭukkuva nammal adu prāvikkuvānāyiṭe pidāvāya daivattine iṣṭam tōnē adinuvēṇṭi kartāvu tanne tān elpiccu koṭuttu ephesians chapter 5 il nammal eḍi vāyikkunu adinuvēṇṭi nammal ā tējassu nammala jīvathile prāvikkuvānāyiṭe kartāvu tanne tān elpiccu koṭuttu dārthamāyiṭum നമുക്ക് ഒരു വാക്യം വായിക്കാം ഫസ്റ്റ് ക്വരിഞ്ചർ ചാപ്റ്റർ ടു ഫസ്റ്റ് വേഴ്സ് സെവൻ ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ജ്ഞാനപത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത് യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു ഈ ഈ തേജസ് ദൈവത്തിൻ്റെ തേജസ് നമ്മളെ ജീവിതത്തിൽ അത് പ്രാപിക്കണം ഈ മഹത്വം നമ്മളെ ജീവിതത്തിൽ ഗെയിൻ നമ്മൾ പ്രാപിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് സെക്കൻഡ് തെസുലോനിയസ് ചാപ്റ്റർ ടു സെക്കൻഡ് 2 രണ്ട് തെസ്ലോൺസ് രണ്ടാമധ്യായം പതിനാലാം വാക്യം നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷണഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് ദൈവം നമ്മളെ രക്ഷയ്ക്കായിട്ട് ദൈവം നമ്മളെ വിളിച്ചതിൻ്റെ ഒരു ഉദ്ദേശം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കണം ദൈവത്തിൻ്റെ തേജസ് നമ്മളെ ജീവിതത്തിൽ അത് പ്രാപിച്ചു കൊണ്ടിരിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആ യേശുക്രിസിൻ്റെ മഹത്വം പ്രാപിക്കണം അതിനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു ഈ തേജസ്സിൽ ഈ തേജസ്സിൽ നാം ഓരോ ദിവസവും അല്ലെങ്കിൽ നമ്മൾ പടിപടിയായിട്ട് വൺ ഡിഗ്രി ടു അനദർ ഡിഗ്രി നമ്മളെ ജീവിതം ആ ഒരു വളർച്ചയിലേക്ക് വളരണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ദൈവത്തിൻ്റെ തേജസ് നമ്മളെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുവാനായിട്ട് ഒരു ദൈവം ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ വളർന്ന് നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ആ ഒരു അങ്ങനെ ആ ഒരു ദൈവ സഭയിൽ തേജസ്സുള്ളവരായിരിക്കുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള ആ വിശുദ്ധ സഭയിലെ ഒരംഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സഭയിൽ ആയിരിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് നമ്മൾ ആയിരിക്കുന്ന സഭ തേജസ്സുള്ള ഒരു വിശുദ്ധ സഭയായിട്ട് എഫിഷ്യൻസ് ചാപ്റ്റർ ഫൈവ് എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 27 സെവൻ നമ്മൾ അവിടെ വായിക്കുന്നു കറ ചുളുക്കം മുതലായത് സഭയെ ശുദ്ധയും നിഷ്കിളങ്കയുമായി തനിക്കു തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് തന്നെ താൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു ദൈവത്തിൻ്റെ ക്രൂശ് മരണത്തിൽ അല്ലെങ്കിൽ പിതാവായ ദൈവം യേശുക്രിസ് നമുക്ക് തന്നിൽ കൂടെ അവിടെ വായിക്കുന്നു കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയും സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനെ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു യഥാർത്ഥമായിട്ടും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ദൈവത്തിൻ്റെ ആ തേജസ്സോടെ കർത്താവ് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിനെ ദൈവം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു യഥാർത്ഥമായിട്ടും ഈ കൃപയിൽ ഈ തേജസ്സിൽ നമ്മൾ വളരണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിക്കുന്നു ആ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു നമുക്കറിയാം എക്സോഡസ് പുറപ്പാട് പുസ്തകത്തിൽ അവിടെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് വളരെ വളരെ ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവമേ അങ്ങയുടെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ നമുക്കറിയാം പുതിയ നിയമത്തിലും കർത്താവ് യേശു അവസാന നാളെ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമുക്കത് വായിക്കാം ജോൺ ചാപ്റ്റർ ജോൺ ചാപ്റ്റർ സെവൻറ്റീൻ ജോഹന്നാൻ പതിനേഴാം അദ്ധ്യായം ഇരുപത്തി രണ്ട് നമ്മളവിടെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു അതിരുപത്തിനാലാമത്തെ വാക്യം പിതാവേ നീ ലോകസ്ഥാനത്ത് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിനെ ഞാനിരിക്കുന്നയിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്നു ഞാൻ അച്ഛിക്കുന്നു ഇച്ഛിക്കുന്നു യേശുക്രിസ്തു പിതാവ് ദൈവത്തോട് ഒരു പ്രാർത്ഥനയെ നമ്മളിവിടെ കാണുന്നു നീ എനിക്ക് തന്നുള്ള മഹത്വം ആ ഗ്ലോറി ഇവരും കാണണമേ യഥാർത്ഥമായിട്ടും ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു നമ്മളെ ജീവിതത്തിലും നമുക്കും ആ ഒരു പ്രാർത്ഥന നമ്മളെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോടുണ്ടാകട്ടെ കർത്താവെ അങ്ങയുടെ മഹത്വം എന്നെ കാണിച്ചു തരണം മേലെ അങ്ങനെ മഹത്വം ആ ഒരു തേജസ് എൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് ആ സ്പർശിക്കട്ടെ എനിക്ക് അങ്ങയെപ്പോലെ ആയിത്തീരണം എന്നുള്ളൊരു എന്നുള്ളൊരു ദാഹവും എന്നുള്ളൊരു വിശപ്പും നമ്മൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആയിത്തീരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവ് അങ്ങയുടെ മഹത്വം ഞാൻ കാണട്ടെ ഞാൻ അങ്ങേപ്പോലെ ആയിത്തീരട്ടെ കർത്താവിൻ്റെ അഭിശുദ്ധിയും ദൈവത്തിൻ്റെ ആ ഡിവൈൻ ആ കർത്താവിൻ്റെ ജീവനും ദ ബ്യൂട്ടി ആ അത് നമ്മളുള്ളിൽ ആഴമായി സ്പർശിക്കുവാനായിട്ട് നമ്മൾ ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നിറയുമ്പോൾ യഥാർത്ഥമായിട്ടും ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ കർത്താവ് കർത്താവിൻ്റെ മഹത്വം നമ്മൾ ആ ദർശിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ യഥാർത്ഥമായിട്ടും വ്യക്തമായും നമുക്ക് നമ്മെ തന്നെ കാണുവാനായിട്ടും അത് നമ്മളെ യഥാർത്ഥമായിട്ടും മനസാന്തരത്തിലേക്കും നുറുക്കത്തിലേക്കും വിടുതലിലേക്കും അത് നയിക്കുന്നൊരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നടത്തും ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിക്കുകയായിരുന്നു നമുക്കറിയാം യശയാവല്ലേ അവിടെ നമ്മൾ വായിക്കുന്നു യശയാവ് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ അവിടെ ആ ഒരു നിലവിളിയോട് കർത്താവ് ദൈവത്തിന് മുമ്പിൽ യശയ്യാവ് കരയുന്നു അയ്യോ എനിക്ക് എനിക്ക് അയ്യോ കഷ്ടം ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ എനിക്ക് അയ്യോ കാഷ്ടം ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യൻ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്തെയ്യോ അതുകൊണ്ട് കർത്താവ് എന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എന്നെ എന്നെ എനിക്ക് തന്നോത്സാഹമായിരുന്നു അതായത് ഞാൻ കർത്താവിന് ആ തേജസ്സിൽ അധികമായിട്ട് വളരണം ആ കർത്താവിൻ സെക്കൻഡ് കൊരിന്റിയേഴ്സ് ചാപ്റ്റർ ത്രീ സെക്കൻഡ് കൊരിന്റിയേഴ്സ് ചാപ്റ്റർ ത്രീ നമുക്ക് ഈ ചാപ്റ്റർ ത്രീ ഉടനീളം നമുക്കറിയാം പഴയ നിയമത്തിൻ്റെ നീങ്ങിപ്പോകുന്ന ഒരു തേജസ് നീക്കം വരുന്ന ഒരു തേജസ്സിനെക്കുറിച്ചും നീക്കം വരാത്ത ഒരു തേജസ് നീക്കം മോശയിൽ നീക്കം വരുന്ന ഒരു തേജസ്സിനെക്കുറിച്ചും നീക്കം വരാത്ത ക്രിസ്ത്യേശുവിൽ നമുക്ക് വേണ്ടി പുതിയ നിയമ ശുശ്രൂഷ നമുക്ക് ദൈവം നമുക്ക് വേണ്ടി തിന്നിരിക്കുന്ന ആ ഒരു തേജസ്സിനെക്കുറിച്ചും അവിടെ പറയുന്നത് അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എന്നാൽ മൂടുവിടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിബിക്കുന്നവരായി നമ്മെല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്ന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുത്തുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ എന്നെക്കുറിച്ച് നമ്മളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലായി തീരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഓരോ ദിവസവും വൺ ഡിഗ്രി ടു അനതർ ഡിഗ്രി ആ ആ ഒരു ആ ഒരു തേജസ് മേൽ തേജസ് പ്രാപിച്ചുകൊണ്ട് ധാർത്ഥമായിട്ടും അതിൽ വളരുവാനായിട്ട് ധാർത്ഥമായിട്ടും ആ ദൈവ തേജസ് നിറഞ്ഞവരായിട്ട് ആയിരിക്കുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ അങ്ങനെ കർത്താവിൻ്റെ ആ നമ്മൾ അനുരൂപപ്പെടുവാനായിട്ട് നഷ്ടപ്പെട്ടു പോകാൻ തേജസ് യേശുക്രിസ്തു മൂലം നമുക്കത് ജീവിതത്തിൽ നമ്മൾ അതിനെല്ലാം വിളിച്ചിരിക്കുന്നത് യഥാർത്ഥമായിട്ടും അത് നമ്മൾ പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മൾ വിളിച്ചിരിക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അതിനുവേണ്ടി നമുക്ക് താഴ്ത്ത് സമർപ്പിക്കാം നമുക്കൊരു വാക്കിയും കൂടി വായിക്കാം ഹഗായി ചാപ്റ്റർ ടു രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലെത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോ വാരുളി ചെയ്യുന്നു ഈ സ്ഥലത്തു ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലുത്തേലും വലുതായിരിക്കും യഥാർത്ഥമായിട്ടും ഈയൊരു വളർന്ന ഈയൊരവസ്ഥയിലേക്ക് യഥാർത്ഥമായിട്ടും തേജസ്സിൽ നിന്നേ തേജസ് പ്രാപിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടും ആ ഒരു കാര്യം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ തേജസ് ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത് അനുദീരം ഞാൻ വളരുമ്പോൾ ഞാനായിരിക്കുന്ന ആ സ്ഥലത്തും ആ ഞാനായിരിക്കുന്ന സഭയിലും യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ ആലയം മഹത്വത്താൽ നിറയുന്ന ദൈവത്തിൻ്റെ ആലയം ആ മഹത്വത്തിന്മേൽ മഹത്വമായിട്ട് തിരിയുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരുന്ന ഒരാലയുമായിട്ട് ആ മാരുവാനായിട്ട് ദൈവം ദൈവം സഹായിക്കും അതിനുവേണ്ടി ഞാനും കർത്താവിൻ്റെ കരണിലേക്ക് താഴ്ത്ത് സമർപ്പിക്കുന്നു